ധ്യായം മുപ്പത്തി എട്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി മരിക്കും കൽതയറുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടെയിരിക്കും അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും അവൻ ജീവനോടെയിരിക്കുമെന്നും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഈ നഗരം നിശ്ചയമായി ബാബെൽ രാജാവിന്റെ സൈന്യത്തിന്റെ കൈയിൽ ഏൽപ്പിക്കപ്പെടും അവനതിനെ പിടിക്കുമെന്നും ഇരമ്യാവ് സകല ജനത്തോടും പ്രസ്താവിച്ച വചനങ്ങളെ മത്താന്റെ മകനായ ശത്യാവും പശുവൂരിന്റെ മകനായ ഗദല്യാവും ശലമ്യാവിന്റെ മകനായ യൂഖലും മൽക്കിയാവിന്റെ മകനായ പശുവൂരും കേട്ടിട്ട് പ്രഭുക്കന്മാർ രാജാവിനോട് ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവജനത്തിനും ഇങ്ങനെയുള്ള വാക്കു പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നതുകൊണ്ട് അവനെ കൊന്നുകളയണമേ ഈ മനുഷ്യൻ ഈ ജനത്തിന്റെ നന്മയല്ല പിന്മത്രേ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു സിതക്കിയ രാജാവ് ഇതാ അവൻ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു അവർ ഇരമ്യാവെ പിടിച്ച് കാവൽപുരമുറ്റത്ത് രാജകുമാരനായ മൽക്ക്യാവിനുള്ള കുഴിയിൽ ഇറക്കി കയറുകൊണ്ടായിരുന്നു അവർ ഇരമ്യാവെ ഇറക്കിയത് കുഴിയിൽ വെള്ളമില്ലായിരുന്നു ഇരമ്യാവ് ചെളിയിൽ താണു അവർ ഇരമ്യാവെ കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്ന് രാജഗ്രഹത്തിലുണ്ടായിരുന്ന കൂശ്യനായ എന്ന ഷണ് കേട്ടു അന്ന് രാജാവ് വാതുക്കൽ ഇരിക്കയായിരുന്നു രാജഗ്രഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു യജമാനായ രാജാവെ ഈ മനുഷ്യർ ഇരമ്യാപ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായമത്രേ അവർ അവനെ കുഴിയിൽ ഇട്ടുകളഞ്ഞു നഗരത്തിൽ അപ്പമില്ലായികയാൽ അവനവിടെ പട്ടിണി കിടന്ന് ചാകയുള്ളൂ എന്ന് പറഞ്ഞു രാജാവ് കൂശ്യനായ ഏബത് മേലക്കിനോട് നീ ഇവിടെ നിന്ന് മുപ്പത് ആളുകളെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഇരമ്യാപ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഏബദ് മേലക് ആ ആളുകളെ കൂട്ടിക്കൊണ്ട് രാജഗ്രഹത്തിൽ ഭണ്ണാരമുറിക്കു കീഴചെന്ന് അവിടെ നിന്ന് പഴുന്തുണിയും കീറ്റു തുണിക്കണ്ടങ്ങളും എടുത്ത് കുഴിയിൽ ഇരമ്യാവിന് കയറു വഴി ഇറക്കിക്കൊടുത്തു കൂശ്യനായ ഏബദ് മേലറ്റ് ഇരമ്യാവോട് നീ പഴം തുണിയും കീറ്റു തുണി കണ്ടങ്ങളും നിന്റെ കക്ഷങ്ങളിൽ വെച്ച് അതിനു പുറമെ കയറിട്ടോൾക എന്ന് പറഞ്ഞു ഇരമ്യാവ് അങ്ങനെ ചെയ്തു അവർ ഇരമ്യാവെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു ഇരമ്യാവ് കാപൽപുരമുറ്റത്ത് പാർത്തു അതിന്റെ ശേഷം സിദക്കിയ രാജാവ് ആളയച്ച് ഇരമ്യാ പ്രവാചകനെ യഹോവയുടെ ആലയത്തിലെ മൂന്നാം പ്രവേശനത്തിങ്കൽ തന്റെ അടുക്കൽ വരുത്തി രാജാവ് ഇരമ്യാവോട് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുന്നു എന്നോടൊന്നും മറച്ചുവെക്കരുത് എന്ന് കൽപ്പിച്ചു അതിന് ഇരമ്യാവ് സിതക്കിയാവോട് ഞാൻ അത് ബോധിപ്പിച്ചാൽ എന്നെ കൊല്ലുകയില്ലയോ ഞാനൊരാലോചന പറഞ്ഞു തന്നാൽ എന്റെ വാക്ക് കേൾക്കയില്ലോ എന്ന് പറഞ്ഞു സിതക്കയ രാജാവ് ഈ പ്രാണനെ സൃഷ്ടിച്ചതെന്ന യഹോവയാണെ ഞാൻ നിന്നെ കൊല്ലുകയില്ല നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന ഈ മനുഷ്യരുടെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയുമില്ല എന്ന് ഇരമ്യാവോട് രഹസ്യമായി സത്യം ചെയ്തു എന്നാറെ ഇരമ്യാവ് സിതക്കയാവോട് ഇസ്രയേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ൽരാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെന്നാൽ നിനക്ക് പ്രാണരക്ഷയുണ്ടാകും ഈ നഗരത്തെ തീവച്ച് ചുട്ടുകളുമില്ല നീയും നിന്റെ ഗ്രഹവും ജീവനോടെയിരിക്കും നീ ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ഈ നഗരം കൽതയറുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അതിനെ തീവച്ച് ചുട്ടുകളയും നീ അവരുടെ കൈയിൽ നിന്ന് തെറ്റി ഒഴിയുകയുമില്ല എന്നു പറഞ്ഞു സിതക്കെയ രാജാവ് ഇരമ്യാവോട് കൽബേർ എന്നെ അവരുടെ പക്ഷം ചേർന്നിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അപമാനിക്കുകയും ഞാൻ ഭയപ്പെടുന്നു എന്നു പറഞ്ഞു അതിന് ഇരമ്യാവു പറഞ്ഞത് അവർ നിന്നെ ഏൽപ്പിക്കയില്ല ഞാൻ ബോധിപ്പിക്കുന്ന യഹോവയുടെ വചനം കേൾക്കണമേ എന്നാൽ നിനക്ക് നന്നായിരിക്കും നിനക്ക് പ്രാണരക്ഷയുണ്ടാകും പുറത്ത് ചെല്ലുവാൻ നിനക്ക് മനസ്സില്ലെങ്കിലോ യഹോവ വെളിപ്പെടുത്തി തന്ന അരുളപ്പാടാ ഇത് യഹൂദരാജാവിന്റെ ശേഷിച്ചിരിക്കുന്ന സകല സ്ത്രീകളും പുറത്ത് ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പോകേണ്ടിവരും നിന്റെ ചങ്ങാതിമാർ നിന്നെ വശീകരിച്ച് തോൽപ്പിച്ചു നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ പിന്മാറിക്കളഞ്ഞു എന്ന് അവർ പറയും നിന്റെ സകല ഭാര്യമാരെയും മക്കളെയും പുറത്ത് ുടെ അടുക്കൽ കൊണ്ടുപോകും നിയം അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിന്റെ കയ്യിൽ അകപ്പെടും ഈ നഗരത്തെ തീവച്ച് ചുട്ടുകളയുന്നതിന് നീ ഹേതുവാകും സിതക്കിയാവ് ഇരമ്യാവോട് പറഞ്ഞത് ഈ കാര്യം ആരും അറിയരുത് എന്നാൽ നീ മരിക്കയില്ല ഞാൻ നിന്നോട് സംസാരിച്ച പ്രകാരം പ്രഭുക്കന്മാർ കേട്ടിട്ട് നിന്റെ അടുക്കൽ വന്നു നീ രാജാവിനോട് എന്ത് സംസാരിച്ചു ഞങ്ങളോട് പറക ഒന്നും മറച്ചുവെക്കരുത് ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല രാജാവ് നിന്നോട് എന്തു സംസാരിച്ചു എന്നിങ്ങനെ ചോദിച്ചാൽ നീ അവരോട് യോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ എന്ന് ഞാൻ രാജസന്നിധിയിൽ സങ്കടം ബോധിപ്പിക്കുകയായിരുന്നു എന്ന് പറയണം സകല പ്രഭുക്കന്മാരും ഇരമ്യാവിന്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചാറിയാവാനും രാജാവ് കൽപ്പിച്ച ഈ വാക്കുപോലെയൊക്കെയും അവരോട് പറഞ്ഞു അങ്ങനെ കാര്യം വെളിവാകാഞ്ഞതുകൊണ്ട് അവർ ഒന്നും മിണ്ടാതെ അവനെ വിട്ടുപോയി എരുശലേം പിടിച്ച നാൾ വരെ ഇരമ്യാവ് കാവൽപുരമുറ്റത്ത് പാർത്തു എരുശലേം പിടിച്ചപ്പോഴും അവൻ അവിടെ തന്നെ ആയിരുന്നു